സ്ത്രോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രതിയാൽ ദൈവത്തിൻ്റെ ആലയമായി തീരാനായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിന് ഉണ്ടായിരിക്കേണ്ടതായ പ്രത്യേകതകളെ ഒക്കെ നമ്മളെ കേട്ടുകൊണ്ടിരുന്നു അതിനോടുള്ള ബന്ധത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം റോമർ ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം നമ്മുടെ കർത്താപ യേശു ക്രിസ്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു അപ്പോൾ സൗലോസ് അതിൻ്റെ മുമ്പിൽ പറയുന്നൊരു ബാക്കി എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാനെൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതെൻ്റെ അവയവ അവയവങ്ങളുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവയ്ക്കും അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു അതിലെ വിശുദ്ധിയെക്കുറിച്ചും അതുപോലെ പ്രാർത്ഥനയെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അതുപോലെ സ്തുതിയെക്കുറിച്ചും ഒക്കെ കേട്ടു ഇവിടെ അപ്പോൾ പറയുന്ന അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ മരണകരമായ ശരീരത്തെ തന്നെ ആറ് വിളവിക്കും അങ്ങനെ പറഞ്ഞ ആ അധ്യായം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കൊരു വകയില്ല എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം കർത്താവ യേശു ക്രിസ്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു ഇവിടെ സ്തോത്രത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മളിന്ന് കേട്ടുകൊണ്ടിരുന്നല്ലോ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ആലയമാകായിത്തീരാൻ ആദ്യം വിശുദ്ധിയിലല്ല തുടങ്ങുന്നത് അല്ലെങ്കിൽ ആദ്യം പ്രാർത്ഥനയിലല്ല തുടങ്ങുന്നത് അല്ലെങ്കിൽ ആദ്യം ദൈവശക്തിയല്ല തുടങ്ങുന്നത് ആ കർത്താവായ യേശുക്കുർ സു മഹന്ത്രം നമ്മളെ ആ സ്ത്രോത്രത്തോടെ ആരംഭിച്ച് അത് ദൈവശക്തിയിലൂടെ വന്ന് അത് വേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ അറിയാത്ത നമ്മളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കായി ഒരുക്കി അത് ഭിന്നതയിൽ നമ്മളെ വിശുദ്ധിയിലേക്ക് ഒരുക്കി തികയ്ക്കുന്ന ആ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു എശയപ്രവചനം അറുപത്താറാം അധ്യായത്തിലെ എസയപ്രവാചകം പറയുന്ന സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠമാകുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ആലെ ഏതുവിധം ഇതൊക്കെ എൻ്റെ കൈയല്ലേ എങ്കിലും അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും തൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആലയമായി തീരാൻ ഉള്ള യോഗ്യതയാണ് അരിഷ്ടന അതെ അറിയുക മനസ്സ് തകർന്ന് ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ കേട്ടതുപോലെ വിറയ്ക്കുകയും അത് സൗമ്യതയോടെ നമ്മുടെ ജീവിതത്തിൽ കൈകൊള്ളുകയും ചെയ്യുന്ന അനുഭവത്തിൽ ദൈവം നമ്മളെ വിടിവെപ്പാനും ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കാനും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദൈവത്തിനത് കഴിയും അതുകൊണ്ടാണ് ദൈവം നമ്മളെ പിന്നെ അത് കേൾപ്പിക്കുന്നതെന്ന് ഞാൻ ഓർത്ത് ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു देव नाम करना मत करो